ശക്തി സമിഹ േമൂന്തി മതധർമ്മം ചര സ്വാധ്യയാ പ്രമദ ഹയമാവഹലാന്നൂത് സ്വാധ്യായവചനം പ്രമദിതം ദൃകാരഭ്യം നമദിതൃം മാതൃദോഭവൃദോഭവാര്യോഭവോഭവേ അനവധ്യകർമാണി കത്തോദാരംഭം നിയമന കർത്തവ്യാനി ശ്രൗതസ്മാർത്തർ വേദാധ്യനം കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സ്വഗൃഹത്തിലേക്ക് മുടങ്ങിപ്പോയി ഗൃഹസ്ഥ ധർമ്മം സ്വീകരിക്കുന്നവന് കൊടുക്കുന്ന ഉപദേശങ്ങളാണിത് അനു വേദാധ്യയനം കഴിഞ്ഞിട്ട് എന്തിനത്തെ കുറിച്ച് മറ്റും പറയുന്നുണ്ടാകുന്നതിന് മുമ്പ് നിയമന കർത്തവ്യമാണിത്യ നിശ്ചിതമായ രീതിയിൽ ശ്രൗതസ്മാർത്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അല്ലെങ്കിൽ ഗൃഹസ്ഥ ധർമ്മ ഇല്ല ഗൃഹസ്ഥ ധർമ്മം തന്നെ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് അത് എന്തിനനുഷ്ഠിക്കണം ബ്രഹ്മജ്ഞാനത്തിന് മുമ്പ് കർത്തവ്യം എന്നുവെച്ചാൽ ചെയ്തേ തീരും അനുശാസന ശ്രുതേ പുരുഷ സംസ്കാരാർത്ഥത്വ ഈ ശ്രുതി ഈ വിധി സത്യം മത ധർമ്മം ചര ഇതാണ് വിധി ഇത് പുരുഷ സംസ്കാരാർത്ഥത്വ പുരുഷന്ന് വെച്ചാൽ ജീവന സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് അതിനുവേണ്ടി നിശ്ചിതമായും കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറയുമ്പോൾ അന്നത്തെ അന്നവർ പഠിക്കുന്ന ഗുരുകുലത്തിൽ നിന്ന് ശ്രവതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങളാണ് അതുകൊണ്ടത് ചെയ്യുക സംസ്കൃത സിഹി വിശുദ്ധ സത്വ്യാത്മജ്ഞാനം പഞ്ചസായുപദ് സംസ്കൃത സിഹി വിശുദ്ധ സത്വസ്യ അങ്ങനെ ഒരു ധർമ്മത്തെ സ്വീകരിച്ച് അനുഷ്ഠിച്ച് സംസ്കരിക്കപ്പെട്ടോ വിശുദ്ധ സത്വ അന്ധകർമ്മും ശുദ്ധമായത്മജ്ഞാനം അഞ്ചസ യെ ആവർത്തിച്ചാ വിളിച്ച് പറയുന്നുണ്ട് തടസ്സം കൂടാതെ ഉടൻ തന്നെ വിളംബം വിനജസ എപ്പോഴാണോ അതിന്റെ പരിപക്വത എത്തിച്ചേരുന്നത് ആ സമയത്ത് ആത്മജ്ഞാനം ഉണ്ടാകുന്നു അതിന് കർമ്മ ുന്നു ഇവിടെ സത്യം മത ധർമ്മം ചെറസ്വാധ്യായ ഇതെല്ലാം തപസ്സാണ് ഇത് മാത്രമല്ല പറഞ്ഞു ശ്രൗതവും സ്മാർത്തവുമായി വിധിച്ചിട്ടുള്ള കർമ്മങ്ങളല്ല അതിൽ കാമന കൂടാതെ അനുഷ്ഠിക്കുമ്പോൾ പക്ഷേ തപസ് ബ്രഹ്മ വിജിന് തപസ്സിലൂടെ ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിക്കുക അതോ വിദ്യ ഉത്പത്തി അർത്ഥം അനുഷ്ഠേയാനി കർമാണി അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വിദ്യ ഉത്പത്തിക്ക് വേണ്ടി വിദ്യ ഉത്പന്നമായാണെങ്കിൽ കർമ്മത്തിന്റെ ആവശ്യമില്ല വിദ്യ ഉത്പത്തിക്ക് വേണ്ടി അനുഷ്ഠയാനി കർമാണീ കർമ്മങ്ങൾ ചെയ്ത് തന്നെ തീരണം അത് വ്യക്തമായും പറയുന്നു ശങ്കരാചാര്യത്തെ പൊതുവെ പറയുന്ന എന്താണോ കർമ്മങ്ങളെയൊക്കെ നിഷേധിച്ച എന്നാണ് ധരിച്ചിരിക്കുന്നത് നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അത് ശരിയാണെന്നാലും കർമ്മത്തെ നിഷേധിച്ചിട്ടുണ്ട് പക്ഷെ കർമ്മം കൂടിയേ തീരൂന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്നതാണ് വിദ്യ ഉത്പത്തി അർത്ഥം യാതൊരു സംശയവും വരാത്ത രീതി പറയുകയാണ് വിദ്യയുടെ ഉത്പത്തിക്ക് വേണ്ടി അനുഷ്ഠേയാനി കർമ്മമാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് കർത്തവ്യമാണ് വിദ്യ ഉത്പത്തി സംസ്കൃതമായ മനസ്സിലുമുണ്ടാകും ആ സംസ്കാരം കർമ്മം കൊണ്ടു സാധ്യമാകും അതുകൊണ്ട് പിന്നെ കർമ്മത്യാഗത്തെ കുറിച്ച് പറഞ്ഞ ഒന്ന് കർമ്മം ചിത്തശുദ്ധിക്ക് വേണ്ടി അനുഷ്ഠിക്കും ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം അനുഷ്ഠിച്ചാൽ അത് തന്നെ കർമ്മത്യാഗം ചിത്തശുദ്ധിയിൽ വിദ്യ ഉത്പന്നമായാൽ പിന്നെ കർമ്മം പ്രയോജനമില്ലാതെ തീരുന്നു കർമ്മത്തിന്റെ പ്രയോജനം ചിത്തശുദ്ധിയാണ് അത് നേടിക്കഴിഞ്ഞാൽ കർമ്മത്തിന് പ്രയോജനമൊന്നുമില്ല അപ്പൊ ഒരാൾക്ക് ആ കർമ്മത്തെ ഉപേക്ഷിക്കാം സർവകർമ്മസന്യാസം മറിച്ചാണെങ്കിലോ അത് അനുഷ്ഠയാണ് കർമാണി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അത് വിവേകപൂർവം ചെയ്യണം അനുശാസ്തി അനുശാസനം ശബ്ദ അനുശാസനം എന്നാണ് ഇവിടെ തുടങ്ങുന്നത് അധ്യയനത്തിന് ശേഷം അധ്യയനം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഗുരു ചൊല്ലിക്കെടുത്ത് കേട്ടു ചൊല്ലുന്നുണ്ടാണ് അനുചി അധ്യയനത്തിന് ശേഷം ആചാര്യൻ അന്തേവാസിയോട് പറയുന്നു അനുശാസ്തി ഒരു ശാസന ഒരാജ്ഞയാണ് വേദത്തിന്റെ ആജ്ഞയാണ് വേദം ഇങ്ങനെ ഒരു ആഖ്യായകരൂപത്തിൽ പറയുന്ന ഒരു ഗുരു ഒരു ശിഷ്യൻ ഗുരു ശിഷ്യനോട് പറയുന്നു ഇതെല്ലാം പറയുന്നതിവിടെ ഗുരുവും ശിഷ്യനും ഒന്നുമില്ല വേദം മാത്രമേ ഉള്ളൂ അനുശാസന ശബ്ദാനുശാസന അതിക്രമി ദോഷോത്പത്തി അത് പാലിച്ചേ മതിയാകൂ ജീവന്മാർ വേദത്തിന്റെ അനുശാസനത്തെ ആജ്ഞയെ ധിഖരിക്കാൻ പാടില്ല ധിഖരിച്ചാലോ ദോഷോത്പത്തിയാസാച്ച കർമ്മണം fetch play brahma vidyà ramba cha pura ka20 ka royyiastáni 빠d unjustáyamis vidyáyam a leo'yεί kabhendvyayam a treesh approved by viphyeti putasyan kimyam satu nankarva thay avahhadi nana karma aTYsh kinjannim darasa ishayti, avv am chaptersdha cha radhiyadvare na vidyautpati artani? öde 그런데 സർവകാര്യം ഇവറ്റ വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുകയാണ് എന്താ കർമ്മം അതുകൊണ്ട് എന്താ പ്രയോജനം കർമ്മത്തിന്റെ പ്രസക്തി എവിടെയാണ് കർമ്മം എവിടെയാണ് ഉപേക്ഷിക്കേണ്ടത് വളരെ വ്യക്തമായി ഒരു വാചകത്തിൽ പറഞ്ഞിരിക്കുന്നു കർമ്മത്തെയാണ് ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞ് ഉപാസനയെ കുറിച്ചും അക്രമം നിർദ്ദേശിച്ചിരിക്കുന്ന കർമ്മം വേദത്തില് നോക്കിയാലും അറിയാം ആദ്യം കർമ്മം കർമ്മത്തിനാണ് പ്രാധാന്യം ജീവനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനത്തിനുള്ള പ്രാധാന്യം കർമ്മത്തിനാണ് എന്തുകൊണ്ട് ജീവന്മാരെല്ലാം കർമാധികാരികളാണ് ജ്ഞാനാധികാരികൾ വളരെ വിരളം കൃത്യപൂർവം അതുകൊണ്ട് കൂടുതൽ അധികാരികൾ ഉള്ളത് കർമ്മത്തിനാണ് അതുകൊണ്ട് കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തത് കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കാനാണ് ആദ്യം കർമ്മത്തെ നിർദ്ദേശിച്ചത് കേവല ബ്രഹ്മ വിദ്യാരംഭാസ് അത് കഴിഞ്ഞ് പിന്നെ ബ്രഹ്മവിദ്യയെ കുറിച്ച് പറയുന്നു പൂറം കർമാണി വന്യസ്ഥാനി ആ ബ്രഹ്മവിദ്യയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കർമ്മങ്ങളെ നിർദ്ദേശിച്ചു കർമ്മങ്ങൾ പരമപ്രധാനമാണ് അതിനെ ത്യജിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ പ്രാധാന്യം കുറയുന്നു ത്യജിക്കണോ എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അത് അനുഷ്ഠിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ ത്യാഗം അപൂർവം പേരിലേ സംഭവിക്കത്തുള്ളൂ അതെപ്പോ സംഭവിക്കും ബുദ്ധിതായം ച വിദ്യാം ആ ബ്രഹ്മവിദ്യ പ്രകാശിക്കുമ്പോൾ അവിടെ ധർമ്മത്യാഗം സംഭവിക്കുന്നു അല്ലെങ്കിൽ ആരുടെയും ധർമ്മം ത്യജിക്കാനൊക്കത്തല്ലോ അഭയം പ്രതിഷ്ഠിതനാകുന്നു എന്തെങ്കിലും നേടുന്നതിന് വേണ്ടി കർമ്മം ചെയ്യണ്ട എന്തെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി കർമ്മത്തെ ചെയ്യേണ്ട കാര്യമില്ലൊന്നിനും ഭയക്കുന്നില്ല സംസാരത്തെ അവൻ ഭയക്കുന്നില്ല അവിടെ സത്കർമ്മം അവന് ചെയ്യാനില്ല ദുഷ്കർമ്മങ്ങൾ അവൻ ചെയ്യുന്നില്ല അവൻ പുണ്യപാപങ്ങൾക്ക് അതീതനായിരിക്കുന്നു കർമ്മ നൈഷ്കിഞ്ചന്യം നിശേഷമായ കർമ്മത്യാഗം ഇവിടെ ബുദ്ധിതായം ച വിദ്യായം ബ്രഹ്മവിദ്യയുടെ പ്രാപ്തിയിൽ ആ ബ്രഹ്മവിദ്യയുടെ പ്രകാശനത്തിൽ കർമ്മ നിഷ്കിഞ്ചന് അല്പം പോലും കർമ്മമില്ലാതിരിക്കാതാണ് പൂർണ്ണമായ കർമ്മത്യാഗം ദർശേഷം അതിനി പറയുന്നുണ്ട് അതഹ അവഗമ്യതയതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് പൊറുപചിത ദുരിതക്ഷയദ്വാരേണ വിദ്യ ഉത്പത്തി അർത്ഥാനി കർമാണി അതുകൊണ്ട് ഇത് വ്യക്തമായി ധരിക്കണം ുമ്പ് സമ്പാദിച്ച ദുരിതക്ഷയെന്ന് പറയുന്നത് പൂർവ്വജന്മങ്ങളിൽ സമ്പാദിച്ചിട്ടുള്ള ആ ദുരിതം അതിന്റെ ക്ഷയം അതിലൂടെ വിദ്യ ഉത്പത്തി അർത്ഥാനി വിദ്യ ഉത്പത്തിക്ക് വേണ്ടിയുള്ളതാണ് കർമാണി കർമ്മം വിദ്യ ഉത്പത്തിയർത്ഥാനി അതിനോട് പറഞ്ഞു വിദ്യ ഉത്പത്തിക്ക് വേണ്ടിയുള്ളതാണ് കർമ്മം ജ്ഞാനോത്പത്തിക്ക് വേണ്ടിയുള്ളതാണ് അതൊന്ന് കർമ്മത്തെ ത്യജിക്കരുത് കർമ്മത്തിനൊന്നും പ്രാധാന്യമുള്ള കൊടുക്കുന്നു അത് ദുരിതക്ഷയത്തിന് കാരണമാണ് ദുരിതക്ഷയത്തിലൂടെ അന്ധകണ്യശുദ്ധിയിലൂടെ അത് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു അത് വ്യക്തമായും പറയുന്നു മന്ത്രവർണാച്ച മന്ത്രവർണ്ണത്തിൽ അത് പറയുന്നുണ്ട് അവിദ്യയ മൃത്യു തീർത്തുക വിദ്യയ അമൃതം അശ്വന പറയുന്നു അവിദ്യയിലൂടെ മൃത്യുവിനെ അതിക്രമിച്ച് വിദ്യയിലൂടെ മോക്ഷത്തെ പ്രാപിക്കുന്നു കർമ്മത്തിലൂടെ മൃത്യുവിനെ അതിക്രമിച്ച് ജ്ഞാനത്തിലൂടെ മോക്ഷത്തെ പ്രാപിക്കുന്നു അപ്പം മൃത്യുവിൻ്റെ അതിക്രമണത്തിന് വിദ്യ ആവശ്യമാണ് കർമ്മം ആവശ്യമാണ് വിദ്യ ആവശ്യമാണ് പക്ഷെ അത് കർമ്മം കൂടാതെ വിദ്യ സാധ്യമല്ല കർമ്മം കൂടിയേ തീരൂ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് എന്തിനു കർമ്മത്തെ നിഷേധിക്കുന്നു സാങ്കേതികമായി കർമ്മത്തിന് നേരിട്ട് വിദ്യ പ്രദാനം ചെയ്യാൻ ശേഷിയില്ല കർമ്മത്തിന് മനസ്സിന് സിദ്ധമാകാൻ മാത്രമേ കഴിയൂ അവിടെ വിദ്യയെ പ്രകാശിപ്പിക്കാൻ കർമ്മത്തിന് ശേഷിയില്ല അതുകൊണ്ട് കർമ്മം കൊണ്ട് വിദ്യ അതിനുഷേധിക്കുന്നു കർമ്മം കൊണ്ട് വിദ്യ എന്ന് പറയുന്നത് ഭ്രാന്താണ് അതുകൊണ്ട് മീമാംസകരെ നിഷേധിക്കുന്നു ഒരിക്കലും കർമ്മത്തിന്റെ പ്രാധാന്യത്തെ കുറച്ച് കാണിക്കാനല്ല അതാണ് അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തം പക്ഷെ ധരിച്ചിരിക്കുന്ന എന്താണ് കർമ്മത്യാഗം കർമ്മത്യാഗം അതാണ് മുഖ്യമെന്നാണ് കർമ്മത്യാഗം അല്ല മുഖ്യം കർമാനുഷ്ഠാനമാണ് അതിനേക്കാൾ മുഖ്യമായി വരുന്നത് എന്താണ് അത് വിദ്യോത്പത്തി ആ വിദ്യോത്പത്തിൽ കർമ്മത്യാഗം ഘോണമാണ് കർമ്മത്യാഗത്തിന് ഒരിടത്തും പ്രാധാന്യമില്ല കർമാനുഷ്ഠാനത്തിന് പ്രാധാന്യം അത് കഴിഞ്ഞാൽ പിന്നെ വിദ്യ ഉത്പത്തിക്ക് പ്രാധാന്യം കർമാനുഷ്ഠാനം കൊണ്ട് ചിത്രശുദ്ധിയുണ്ടായാൽ അവിടെ വിദ്യ ഉത്പന്നമാണ് അവിടെ അതിനെ ഗുണമായി സഹായിക്കുന്നതാണ് കർമ്മത്യാഗം അതിനും പ്രാധാന്യം കർമാനുഷ്ഠാനത്തിന് തന്നെയാണ് എന്നാണ് ഇവിടെ ഭാഷകാലം പറയുന്നത് ൃതാധീനം സത്യം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അനുഷ്ഠമായ ഇതൊക്കെ ധർമ്മങ്ങളാണ് സ്വീകരിക്കുന്നത് എന്തിനാ ആനർഥയ്ക്ക് പരിഹാരം ദുരിതക്ഷയാർത്ഥം സത്യവും മറ്റും പാലിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് ഒരു കർശനമായത് ആവശ്യപ്പെടുന്ന ഈ ധർമ്മങ്ങൾ പാലിക്കണമെന്ന് വേദം വിധിക്കുന്നതിനു വേണ്ടി പറയുന്നു ഈ ദുരിതം പരിഹാരം കർമ്മം കൊണ്ട് ദുരിതം ക്ഷയിക്കുമെന്ന് പറഞ്ഞാൽ ഈ സത്യധർമാദികളോട് കൂടിയ കർമ്മമാണ് സത്യധർമാദികളില്ലാത്ത കർമ്മം അത് ദുരുതർ അതുകൊണ്ട് സംഭവിക്കത്തില്ല അതുകൊണ്ട് അത് പ്രത്യേക എടുത്ത് പറയുന്നു ദുരിതത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ശരിയായ ജ്ഞാനം അത് അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ശരിയായ ജ്ഞാനെന്ന് വെച്ചാൽ എന്ത് പ്രവർത്തിക്കണം എന്നുള്ള ആ കർമ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം അത് വേണം പിന്നെ അതെങ്ങനെ പ്രവർത്തിക്കണം ഈ രണ്ടു കാര്യങ്ങളെക്കുറിച്ചും ശരിയായ ബോധം വേണം എന്നിട്ട് കർമ്മം ചെയ്യും അവിടെ എന്താണ് വരുന്നത് മുഖ്യമായി വരുന്നത് ആ കർമ്മത്തിൽ സത്യം വേണം ധർമ്മം വേണം നീതി വേണം വ്യവഹാരികമായ സത്യം അത് വേണം അങ്ങനെ കർമ്മം അനുഷ്ഠിച്ചാൽ ആ കർമ്മം ദുരിതക്ഷയത്തിന് കാരണമാകും ഒരാൾ പറയുന്നു ഞാൻ ഇത്ര വർഷം കർമ്മം ചെയ്തു കർമ്മയോഗം ചെയ്തു പക്ഷെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന ധ്രതാദികൾ സത്യധർമാദികളോടുകൂടിയാണോ ചെയ്തത് അല്ലേ അത് കർമ്മയോഗമാകത്തുള്ളു അതേ ആനർത്ഥ്യത്തെ പരിഹരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് അതിന് ആദ്യം പറഞ്ഞത് ഇഹത് ഞാൻ കർത്തവ്യത നിയമാർത്ഥ വീണ്ടും ഇതിനാവർത്തിക്കുന്നു ആ കർത്തവ്യതയ്ക്ക് നിയമം പറയണ എന്ന് വെച്ചാൽ അത് ഉപേക്ഷത ചെയ്തിരിക്കാൻ പാടില്ല അത് നിശ്ചിതമായി നിയമപൂർവ്വമായി അത് അനുഷ്ഠിച്ചിരിക്കണം ഞാൻ ഉത്പത്തി അർത്ഥം ഇതെല്ലാം പാലിക്കണം അനുചിയ അധ്യാപ്യ ആചാര്യോ അന്ത്യവാസനും ശിഷ്യും അനുശാസ്തി വേദത്തെ അധ്യയന പഠിപ്പിച്ചിട്ട് ചൊല്ലിക്കൊടുത്ത് ശിഷ്യന്റെ ാക്കിലത് ഉറപ്പിച്ചിട്ട് അന്ത്യവാസനു ശിഷ്യം അനുശാസ്തി ഗ്രന്ഥഗ്രഹണാഥനു പശ്ചാത്തി തദർത്ഥം ഗ്രാഹ്യം വേദം നാക്കിനുറങ്ങണം മനസ്സിനുറകും ഒരു ചൊല്ലി കേട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അത് നാക്കിലുറക്കും മനസ്സിലുറങ്ങണമെങ്കിൽ എന്ത് വേണം അതിൻ്റെ അർത്ഥം കൂടെ ധരിക്കും എന്നാലും മനസ്സിലുറകത്തുള്ളൂ അർത്ഥം ധരിച്ചാൽ മനസ്സിലിരിക്കും അതാണ് അതിൻ്റെ ഒരു ദോഷവും നമ്മൾ നിരന്തരം ചൊല്ലുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലില്ലെങ്കിൽ കേവലം അത് നാക്കിന് മാത്രം ഉറച്ചിരിക്കും എന്നുവെച്ചാൽ എന്താണ് ചൊല്ലുന്നത് എന്ന് അറിയാതെ നമുക്ക് ചെല്ലാൻ കഴിയും ശബ്ദത്തിൽ പോലും ശ്രദ്ധിക്കാതെ ചെല്ലാൻ കഴിയും വേദത്തിലങ്ങനെ ഒന്നുണ്ട് അതൊരു ദോഷമാണ് ശബ്ദത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല യാന്ത്രികമായി അത് സംഭവിച്ചുകൊണ്ടില്ലാസനാമം മറ്റും ചൊല്ലും പോലെ അതിനകത്ത് ചിന്തിക്കേ വേണ്ട ശബ്ദത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട വേണ്ടി വന്നാൽ ഒരർദ്ധ സുഷുപ്തിയിലും ചൊല്ലാം ഒരു മയക്കത്തിലോ ഓർക്കത്തിലോ എല്ലാം ചൊല്ല അതെന്തുകൊണ്ടാണ് അത് നാക്കിൽ ഉറച്ചിട്ടുണ്ട് മനസ്സിലുറച്ചിട്ടുണ്ട് മനസ്സിലുറക്കണമെങ്കിൽ അർത്ഥബോധം വേണം അർത്ഥബോധം മനസ്സിലുണ്ടെങ്കിൽ അത് നമുക്ക് വിസ്മരിച്ചിട്ട് ചൊല്ലാൻ നോക്കത്തില്ല നമ്മൾ ചൊല്ലുന്നത് വിസ്മരിച്ചിട്ടാണ് മറന്നിട്ടാണ് ചൊല്ലുന്നത് അങ്ങനെ ചൊല്ലുന്നതും നിഷ്പ്രയോജനമല്ല അതിനും അതും സംസ്കാരത്തിന് കാരണമാകും പക്ഷെ അതിനെ കേവലം ഗ്രന്ഥഗ്രഹണം എന്നേ പറയാൻ പറ്റും ആ വരികളൊക്കെ ഗ്രഹിക്കുക ശബ്ദത്തെ ഗ്രഹിക്കുക അതിനെ ആവർത്തിക്കുക അത് ഏകദേശം സി ഡി പ്ലേയും പോലെയുള്ളു അതും ആവർത്തിക്കുന്നു ഗ്രന്ഥഗ്രഹണം അവിടെ സംഭവിക്കുന്നു അതുതന്നെ ഇവിടെ ജീവനിനെ സംഭവിക്കുന്നു അനുപശ്ചാശാസ്തി തഥർത്ഥം ഗ്രാഹതി ഇവിടെ അതല്ല അതിന്റെ താല്പര്യത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നു മീമാംസ വിചാരം ആവശ്യമാണ് അപ്പൊ ഏതാണ് ചൊല്ലുന്നത് അതിൻ്റെ അർത്ഥം ധരിച്ചുകൊണ്ട് ചൊല്ലുന്നതാണ് മുഖ്യം മറ്റു നിവൃത്തിയില്ലെങ്കിൽ അർത്ഥം ധരിക്കാതെയും ചൊല്ലാം ചൊല്ല പറയും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അർത്ഥം തെളിഞ്ഞു വരും അങ്ങനെ പറയുന്നവരുണ്ട് തെളിഞ്ഞു തെളിഞ്ഞു വരും കാര്യം ശരിയാണ് ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തെളിഞ്ഞു വരുന്നത് അർത്ഥവുമാകാം അനർത്ഥവുമാകാം അതിനുള്ള സാധ്യത കാരണം ഇത് സ്വയം തെളിയുന്നതാണ് മുമ്പ് തന്നെ ലക്കില്ലാത്ത മനസ്സാണ് അത് തെളിയുന്നത് അർത്ഥമാണോ അനർത്ഥമാണോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല എന്തും തെളിഞ്ഞു വരാം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വേദം തന്നെയാണ് ശാസിക്കുന്നത് എന്റെ അർത്ഥത്തെ സ്വയം തെളിയില്ല തെളിയിപ്പിച്ചു തരാന്ന പശ്ചാത്തശാസ്തി വാദ്യം ശബ്ദ ഗ്രന്ഥഗ്രഹണം ചൊല്ലിക്കൊടുത്തു പിന്നെ അർത്ഥത്തെയും ബോധിപ്പിക്കുന്നു അർത്ഥത്തെ ബോധിച്ചാൽ അപ്പോൾ അത് പൂർണമായി അർത്ഥത്തെ ബോധിച്ച് ചൊല്ലുകയാണെങ്കിൽ മനസ്സിനെ വിട്ടുകളയാനൊക്കെ തന്നെ മനസ്സ് എവിടെയെങ്കിലും പോയ പറ്റത്തില്ല നമ്മൾ ചൊല്ലുമ്പോ മനസ്സ് അനർത്ഥങ്ങളിലായിരിക്കും മറ്റേ അർത്ഥത്തിലായിരുന്നു ശബ്ദത്തിന്റെ അർത്ഥത്തിലായിരിക്കില്ല ഒന്ന് ശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല അതോട്ട് അറിയണമെന്നു താല്പര്യമില്ല ഇതൊരാചാരം അനുഷ്ഠാനം എന്നുള്ള ആണെങ്കിൽ ചൊല്ലുന്നു ഇതുപോലെയുള്ള നിത്യ പാരായണങ്ങൾ അങ്ങനെ ചൊല്ലുമ്പോ അത് ചൊല്ലിത്തീർക്കണം എന്നുള്ളതാണ് കേവലൊരു ബോധം അത് ചൊല്ലിയാൽ എന്തോ പുണ്യം ഉണ്ട് ചൊല്ലാതിരുന്നാൽ പാപമാണ് ഇങ്ങനെയുള്ളൊരു ബോധം കൊണ്ട് മാത്രം അത് ചൊല്ലുന്നു അതിലൊരു വീഴ്ച വരണ്ട ഒരു നിഷ്ഠ എന്നുള്ള അത് നല്ലതാണ് പക്ഷെ അതുപോലെ തന്നെ ധരിച്ചു ചൊല്ലുമ്പോ അർത്ഥത്തെ ധരിച്ചു ചൊല്ലിയാൽ മനസ്സവിടെ തന്നെയാണ് അർത്ഥത്തെ ധരിക്കുക മനസ്സ് അനർത്ഥങ്ങളെ കുറിച്ച് ചിന്തിക്കുക രണ്ടുപോലാണ് അർത്ഥത്തില് അർത്ഥഗ്രഹണത്തിന്റെ ഗുണം അപ്പൊ എന്തു ചൊല്ലുന്നു അതിന്റെ അർത്ഥത്തെ ഗ്രഹിച്ചു ചൊല്ലിയാൽ കൂടുതൽ ഫലം ചെയ്യും ശരിക്കും അതൊരു പാസനയാവും അല്ലെങ്കിൽ കേവല ശബ്ദോ ഉപാസനോ അത് ശബ്ദത്തിൽ നിന്നും മനസ്സ് വിട്ടുപോകും മനസ്സ് വിട്ടുപോയാൽ പിന്നെ ഉപാസനയിൽ ടൈം വേസ്റ്റ് സമയം കളയാൻ ഉള്ളൊരു പരിപാടിയായി മാത്രം മാറും അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ടുകൂടെ വേദം തന്നെ ചെയ്യുന്നു ശബ്ദത്തെ ഗ്രഹിപ്പിച്ചു അർത്ഥത്തെ വെളിപ്പെടുത്തുന്നു തദർത്ഥം ഗ്രഹത്തി അതോ അവഗമ്യത്തെ ഇതിൽ മനസ്സിലാക്കണം ഒരു മുഖ്യമായൊരു കാര്യം ഇപ്പം എന്താണോ അധീതവേദസ്യ ധർമ്മ ജിജ്ഞാസം അകൃത്വ ഗുരുകുലവ്യേ ബുദ്ധ്വർ അധീതവേദസ്യ വേദാധ്യയനത്തിന് ശേഷം വേദാധ്യനം എന്ന് പറയുന്നത് ശരിക്കും ചിന്തിക്കുന്നതിനുള്ള ബുദ്ധിവികാസം വരുന്നതിന് തുടങ്ങിയാണ് അഞ്ചാമത്തെ വയസ്സിലും തുടങ്ങും ഏഴാമത്തെ വയസ്സിലും തുടങ്ങും പന്ത്രണ്ടാമത്തെ വയസ്സിലും തുടങ്ങും എന്തായാലും അതിനപ്പുറം പോകത്തില്ല ആ സമയത്ത് ചൊല്ലിക്കൊടുത്ത് ചൊല്ലുകയാണ് അതാണ് വേദാധ്യയനം അതങ്ങനെ ചൊല്ലി പത്തോ പന്ത്രണ്ടോ വർഷം ഇത് ചൊല്ലിക്കഴിയുമ്പോൾ ചതുർവേദിയാകും എല്ലാ വേദങ്ങളും ഗ്രഹിച്ചവനാകാം ഒരാൾ അതീത വേദസ്യ വേദം അധ്യയനം പക്ഷേ ധർമ്മ ജിജ്ഞാസ അകൃത്വ ഇതെന്തിനു വേണ്ടി ഇത് അധ്യയനം ചെയ്തതെന്ന് മനസ്സിലാക്കാതെ ധർമ്മ ജിജ്ഞാസയില്ലാതെ ഏതൊരു വിദ്വാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പത്ത് പന്ത്രണ്ട് വർഷം വേദാധ്യയനം ചെയ്ത് അത് വേസ്റ്റായിപ്പോയിരുന്നു അതെന്നെവിടെയും പറയുന്നു എന്റെ ജീവിതം പാഴായിപ്പോയി പന്ത്രണ്ട് വർഷം ഞാൻ വേദം ചൊല്ലി പന്ത്രണ്ട് വർഷം വേദം ചൊല്ലിയതിന് ശേഷം ധർമ്മ ജിജ്ഞാസ ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ അത് നിഷ്പ്രയോജനമാണ് അത് എന്ന് പറയുന്നു അതിന്റെ അർത്ഥത്തെക്കുറിച്ചുകൂടെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ യാസ്കൻ പറഞ്ഞതുപോലെ വെറും കഴുക വേദം പിടിച്ച കഴുത അങ്ങോട്ടെന്താ പ്രയോജനം ഒരു പ്രയോജനം എന്താ അങ്ങനെ വന്നാൽ ജീവിതം പഴയ പോവും ധർമ്മ ജിജ്ഞാസം അകർത്തുക ധർമ്മ ജിജ്ഞാസ ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ഗുരുവിൽ നിന്ന് തന്നെ അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാതിരുന്നുകഴിഞ്ഞ വേദാധ്യയനം ചെയ്തു വേദഗ്രഹണം ഗ്രന്ഥഗ്രഹണം അപ്പോ അയാൾക്ക് മുഴുവൻ വേദവും ചൊല്ല കർമ്മം ചെയ്യുന്നതിന് വേദം ചൊല്ലി ആൾക്കാർ കേട്ടാൽ മതി അപ്പോൾ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുന്നു വളരെ തന്നെ പുറത്തുപോയി പല കാര്യങ്ങളും ചെയ്യാനുണ്ട് വീണ്ടും സമയം ചെലവഴിക്കാനില്ല ധർമ്മ അകർത്തുക ധർമ്മം എന്താണെന്ന് ചിന്തിക്കാൻ പോയില്ല വേദ താല്പര്യത്തെ ചിന്തിക്കാൻ പോയി വളരെ പെട്ടെന്ന് നിന്ന് ഓടിപ്പോയി അർത്ഥത്തെ ചിന്തിക്കാൻ അങ്ങനെ പോയാൽ അത് ദോഷമാണ് ഗുരുകുലാത്മ സമാവർത്തിതവ്യം അത് അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാതെ അധ്യയനം അവസാനിപ്പിച്ച് ഗുരുവലത്തിൽ നിന്നും മടങ്ങിപ്പോകരുത് എന്നാണ് താല്പര്യം ഗ്രഹിക്കും അത് ധർമ്മ ജിജ്ഞാസയിലൂടെ സാധ്യമാകും ബുദ്ധ്വാ കർമാണിച്ച് ആരഭി ബുദ്ധ്വാ അധ്യയനം ചെയ്തിട്ടെന്നല്ല പറയുന്നത് വേദം പഠിച്ചിട്ടല്ല താല്പര്യത്തെ ഗ്രഹിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യണം ഗ്രഹസ്ഥ ധർമ്മത്തെ സ്വീകരിക്കണം ഇത് സ്മൃതിഷ്ടുശാസ്ത്രീജ എങ്ങനെ ഉപദേശിക്കുന്നു സത്യം വമാണപഗതം വക്തവ്യം ചതത്വത എന്താണോ പ്രമാണത്തിലൂടെ ഗ്രഹിച്ചത് എന്താണോ പറയേണ്ടത് അതേ പറയാവൂ ഗ്രഹിച്ചതിനെ പറയണം സത്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനെപ്പറയണം സത്യത്തിന് വളരെ പ്രാധാന്യമുണ്ട് പാലിക്കാൻ വ്യവഹാരത്തിൽ വളരെ പ്രയാസമുള്ളതാണ് പലപ്പോഴും അത് പാലിക്കാൻ കറിയാറില്ല അത് കഴിയാറില്ല ഇവിടെ പറയുന്നതാണ് വിനോദത്തിന് വേണ്ടി പോലും അസത്യം പറയാൻ പാടില്ല അങ്ങനെയുള്ള സത്യമാണോ മനസ്സിന് ശുദ്ധിയുണ്ടാക്കുന്നത് വ്യവഹാരത്തിലും നിഷ്കപ്പെടനായിരിക്കണം കാപ്പ്യം പാടില്ല തത് ധർമ്മം ചില ധർമ്മീത്യനുഷ്ഠേയാനാം സാമാന്യവചനം സത്യാദിവിശേഷ നിർദ്ദേശത്തെ അനുഷ്ഠിക്കുക സത്യം ഒരു ധർമ്മമാണല്ലോ ധർമ്മത്തെ അനുഷ്ഠിക്കാന്ന് പറഞ്ഞാൽ സത്യം അതിന് അന്തർഭവിച്ചല്ലോ അതിന് പറയുന്നു ധർമ്മം എന്ന് പൊതുവേ പറയുകയാണ് എന്തെല്ലാം ധർമ്മമായി മനസ്സിലാക്കുന്നു വേദാധ്യയനം കൊണ്ട് ധർമ്മ ജിജ്ഞാസയിലൂടെ ഇതെല്ലാം ധർമ്മമാണ് കർത്തവ്യമായിട്ടുള്ളതെല്ലാം ധർമ്മമാണ് നിഷിദ്ധമായിട്ടുള്ളതെല്ലാം അധർമ്മമാണ് അപ്പം ധർമ്മ അധർമ്മ വിവേകപൂർവമായി അനുഷ്ഠേയമായിട്ടുള്ളത് അതാണ് അനുഷ്ഠേയന സാമാന്യ ചെയ്യേണ്ടത് കർത്തവ്യമായിരിക്കുന്നത് നിഷിദ്ധമല്ലാത്തത് അതിന് പൊതുവെ പറയുകയാണ് ധർമ്മം അതനുഷ്ഠിക്കണം ഇതെല്ലാം ആ വൈദിക കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് അന്ന് മനുഷ്യൻ വേദാധ്യനം ചെയ്തിരുന്നു ധർമ്മത്തെ മനസ്സിലാക്കിയിരുന്നു സത്യധർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നു അവർക്ക് മനസ്സിദ്ധിയുണ്ടായി തത്വജ്ഞാനപ്രാപ്തി ഉണ്ടായി ഇങ്ങനൊന്നും സംഭവിക്കുന്നില്ല അധ്യയന ധർമ്മമാണത് മാ പ്രമദ പ്രമാദം മാ അധ്യയനത്തിൽ പ്രമാദം വരുത്തരുത് വീഴ്ച വരുത്തരുത് മറന്നുപോവുക ഒരു ദിവസം ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അശ്രദ്ധയോടെ ചെയ്യുക ഉദാസീനമായി ചെയ്യുക ഇതൊക്കെ പ്രമാദത്തിൽപ്പെടും വിപരീതമായി ചെയ്യുക വിധിപ്രകാരം അല്ലാതെ ചെയ്യുക ആചാര്യ നിർദ്ദേശം പിന്നെ ഇന്ന രീതിയിൽ നിയോജിക്കണം അങ്ങനെ അല്ലാതെ ചെയ്യുക അതൊന്നും പാടില്ല ഒരു തരത്തിലുള്ള പ്രമാദം ഒരു അധ്യയനമാണിതിനെല്ലാം ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്നത് അധ്യയനത്തിൽ നിന്നാണ് വിവേകമുണ്ടാവുന്നത് ആ വിവേകത്തിൽ വേണം കർമ്മമോ ഭക്തിയോ ജ്ഞാനമോ എന്ത് വേണമെങ്കിലും അതിലാ സംഭവിക്കുന്നത് അപ്പം അധ്യയനത്തെ പിന്നെ വിവേകത്തിന് ആധാരമില്ല അതുകൊണ്ട് ഗുരുകുലത്തിൽ മുഖ്യം അധ്യയനത്തിനാണ് അത് കഴിഞ്ഞ് മറ്റേതിനു സ്ഥാനമുണ്ട് പ്രാധാന്യം അതിനാണ് സേവ തുടങ്ങിയ കാര്യങ്ങൾക്ക് അധ്യയനം കഴിഞ്ഞ് രണ്ടാമത് വരുന്നു ഗുരുകുലം അതിനുവേണ്ടിയുള്ളതാണ് സത്യധർമാദികൾ വേണം പക്ഷെ അധ്യയനം വിവേകത്തിന് ആധാരമാണ് അധ്യയനത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത് അപ്പൊ അധ്യയനത്തിന് ഒരാൾക്ക് സമയം കണ്ടെത്താനായില്ലെങ്കിൽ അതിനർത്ഥം എന്താണ് വിവേകത്തിന് അയാൾക്ക് സമയമില്ലെന്നാണ് അധ്യയനം കൂടാതെ അതുണ്ടാകത്തില്ല എന്നാണ് ഇവിടെ വേദം പറയുന്നത് അതുകൊണ്ട് അതിൽ പ്രമാദം ഒരു തരത്തിലും വീഴ്ച വരുത്തരുത് അതിൽ വീഴ്ച വരുത്തിയാലും അവന്റെ ജീവിതം ഇതൊരു എന്താണ് സന്യാസിയോടോ ബ്രഹ്മചാരിയോടോ ഒന്നും പറയുന്നതല്ല ഇതൊരു സാധാരണ മനുഷ്യനോട് പറയുകയാണ് ഗുരുകുലത്തിൽ ചെന്ന് വേദാധ്യയനം ചെയ്ത ഒരു സാധാരണ ഗുരുക്കനോട് അപ്പോൾ ഒരു സാധാരണ ഗുരുവിനെ സംബന്ധിച്ച് മന നമുക്ക് ലൗകികനെന്ന് പറയണം അത് കഴിഞ്ഞ് പിന്നെ ലൗകിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവനും അവനോട് ഇത്രയും പ്രാധാന്യമായി പറയുന്നു ഇത്രയും പ്രധാനത്തോടുകൂടി പറയുന്നത് പിരിഞ്ഞ് പോയി കഴിഞ്ഞാലും അധ്യയനത്തിൽ രക്ഷപ്പെടുത്തരുത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഗുരുകുലത്തിൽ തന്നെ കഴിയുന്ന ബ്രഹ്മചാരി സന്യാസി അവരുടെയൊക്കെ കാര്യം പറയാനുള്ളത് അതിനെത്രയോ പ്രധാനപ്പെട്ടതാണ് കാരണം വിവേകവും ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന അതാണ് അപ്പം ആ വിവേചനത്തിന് ആധാരമായിരിക്കുന്ന ഈ അധ്യയനത്തെ ഇതിനെ വിട്ടുകഴിഞ്ഞാൽ അവൻ അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്നും ഈ അറിവ് നിലനിർത്തണമെങ്കിൽ അധ്യയനം കൂടിയേ തീരുന്നു അപ്പോൾ ഗുരുകുലത്തിൽ കഴിയുന്നവൻ അധ്യയനം തുടരുന്നു നിരന്തരം ആ ജിജ്ഞാസ നിലനിർത്തുന്നു തന്റെ ധർമ്മം എന്താണ് അതവൻ ആ ബോധം നിലനിർത്തുന്നു ബോധത്തിൽ പ്രമാദം സംഭവിച്ചു കർമ്മത്തിലും പ്രമാദം എന്തുകൊണ്ടൊരുവണ്ണം അധർമ്മം പ്രവർത്തിപ്പിക്കുന്നു ദുരാചാരങ്ങൾ ചെയ്യുന്നു മുഖ്യമായ കാരണം വിവേകം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞാൽ ദുരിതം അത് ശക്തമാകുന്നു എന്തെങ്കിലും കാരണവശാൽ അത് വിവേകത്തെ കീഴ്പ്പെടുക്കും വിവേകം ഉണ്ടായിരിക്കും പക്ഷെ അത് കീഴ്പ്പെട്ടുപോകുന്നു അപ്പോൾ അവൻ ദുരാചാരിയാകുന്നു അങ്ങനെ വിവേകത്തെ എന്നും ഉണർത്തി നിർത്തിയാലേ പറ്റൂ അത് അധ്യയനമല്ലാതെ വരെ വഴിയില്ല അല്ലാതെങ്ങനെ നിർത്തും അപ്പൊ നിങ്ങൾ കർമ്മത്തെ വിട്ടിട്ട് അധ്യയനത്തെ വിട്ടിട്ട് കർമ്മത്തിലും മറ്റും മുഴുകിക്കഴിഞ്ഞാൽ പതിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതാണ് നമുക്ക് പിന്നെ ശ്രദ്ധിച്ചാൽ ഇത്തരം കാര്യങ്ങൾ അധ്യയനം പോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ കർമ്മങ്ങളിൽ മറ്റും വളരെ തീവ്രമായി മുഴുകി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവര് ആ രംഗത്തവർ ശ്രേഷ്ഠന്മാരായിരിക്കും സമൃദ്ധരായിരിക്കും സമൃദ്ധമായി അവർ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കും മറ്റുള്ളവരുടെ ശ്രദ്ധയും ആദരവും അംഗീകാരവും ഒക്കെ പിടിച്ചുപറ്റും പക്ഷെ പതനും അതുപോലെ വളരെ വേഗത്തിലായിരിക്കും ഒരു സുപ്രഭാതത്തിൽ ആശ്രമത്തിൽ കാണത്തില്ല കൂടെയും കാണും ഇതാണ് അധ്യയനത്തെ വിട്ടിട്ട് ഓർത്തിച്ചിരിക്കണ്ട തൽക്കാലം ചിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അധ്യയനത്തെ വിട്ടിട്ട് കർമ്മത്തിന് മുഴുകിയാൽ വരുന്ന ദോഷം അതൊരിക്കലും വരാൻ പാടില്ല അതുകൊണ്ട് ആചാര്യ ചാര്യർത്ഥം പ്രിയം ഇഷ്ടം അതുകൊണ്ട് ആചാര്യങ്ങളോട് ഉപദേശിക്കുകയാണ് ഒരിക്കലും അധ്യയനത്തിൽ പ്രമാദം വരുത്തരുത് കർമ്മത്തിലൊക്കെ എന്തെങ്കിലും ന്യൂനത വന്നാലും പരിഹരിക്കാം വിവേകത്തിൽ ന്യൂനത വന്നാലും എങ്ങനെ പരിഹരിക്കും അതിന് പരിഹാരമൊന്നുമില്ല നാശമല്ലാതെ പരിഹാരം ഗുരുദുനത്തിൽ വസിക്കുന്ന സ്വന്തം നാശത്തിനു വേണ്ടിയല്ല അതുകൊണ്ട് ആചാര്യൻ വേദം പറയുന്നു ഒരിക്കലും അധ്യയനത്തിൽ പ്രമാദം വരുത്തരുത് നിരന്തരം അതിന് തുടരുന്നു ഒരു ശുഭേചുള്ള ഒരാളിന് വിശേഷിച്ച് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായതാണ് അത് ഞാൻ വീണ്ടും പറയുന്നത് ഒരു ശുഭേച്ഛ ഉള്ള ഒരാളിനെ സംബന്ധിച്ച് ഒരിക്കലും അധ്യയനം കൂടാതെ കഴിയാൻ പറ്റത്തില്ല കാരണം അധ്യയനത്തിൽ നിന്ന് മനസ്സ് പിന്മാറിയാൽ മനസ്സിലാവുന്നതാണ് തന്റെ മനസ്സ് പതിക്കുന്നതായി കാണാൻ പറ്റും തന്റെ മനസ്സിന്റെ ഉയർന്ന നിലയിൽ നിന്ന് മനസ്സിന് പതിനെ സംഭവിക്കുന്നതായിട്ട് സ്വയം അറിയാൻ പറ്റും അത് അധ്യയനത്തിലൂടെ വിവേകമുള്ളവരും വെണ്മയുള്ളിടത്തെ അഴുക്ക് വന്നാൽ പറ്റിയ തിരിച്ചറിയാൻ പറ്റും അതില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്താണ് അതറിയത്തില്ല പതനം എന്താണെന്നും മനസ്സിലാക്കത്തില്ല മനസ്സിന്റെ അബദ്ധസഞ്ചാരം അതൊന്നും പിടികിട്ടത്തില്ല അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അതുകൊണ്ടാ ബോധം നിലനിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും പ്രമാദം ഉണ്ടാകരുത് പ്രമദ പ്രമാദം അത് മടങ്ങിപ്പോയതിനു ശേഷം വീട്ടിൽ ചെന്നതിന് ശേഷം അത് മുടക്കരുത് എന്നാണ് അതുമാത്രമല്ല ആചാര്യർത്ഥം പ്രിയം ഇഷ്ടം ധനം ആകൃത്യ ആനീയ ദ വിദ്യ നിഷ്ക്രയാർത്ഥം ഗുരുകുലത്തിൽ വന്ന് താമസിച്ചു അധ്യയനം ചെയ്തു ഗുരുകുലത്തിൽ എല്ലാം നടക്കണ്ടേ അന്ന പനാദികളെല്ലാം നടക്കണ്ടേ അധ്യയനം മാത്രം മതിയോ ആഹാരാദി കാര്യങ്ങൾ നടക്കണ്ടേ അതിന് ധനം വേണം അപ്പോൾ ധനത്തെ സമ്പാദിക്കേണ്ടതും ധനമാകൃത്തി ആനീയെ ദത്തുക പോയി ധനത്തെ സമ്പാദിച്ചുകൊണ്ട് ഗുരുവിന് കൊടുക്കണം കാരണം ഇത് നിലനിർത്തണ്ടേ വീണ്ടും ഗുരുകുലം മുമ്പോട്ട് പോകണം സമ്പത്തില്ലാതെ നടക്കത്തില്ല താമസം ഭക്ഷണവും ചികിത്സയും എല്ല വേണ്ടേ പണ്ട് അതില്ലായിരുന്നെന്ന് അതുമുണ്ട് പണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഇല്ലായിരുന്നതുകൊണ്ട് ആശ്രമങ്ങളിൽ ചികിത്സ വേണ്ടിയിരുന്നില്ല ഇന്നതുള്ളത് കൊണ്ട് ചികിത്സയും വേണം എല്ലാം പണത്തെ ആശ്രയിക്കാണത് ഇപ്പൊ പഴയകാലത്ത് എന്ത് ചെയ്യുന്നു അധ്യയനം കഴിഞ്ഞിട്ട് പുറത്തുപോയി രാജാക്കന്മാരുടെ അടുത്ത് ധനവാന്മാരുടെ അടുത്തൊക്കെ ഭിക്ഷയാജിച്ച് പശുവോ വസ്ത്രമോ സ്വർണമോ എല്ലാം യാജിച്ച് അല്ലാതെ ഗുരുകുലത്തിൽ കഴിഞ്ഞവനും സമ്പത്തോടെ ധനമുണ്ടാക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ കുട്ടിക്കാലത്ത് തന്നെ ഗുരുകുലത്തിൽ ഒന്നും അപ്പൊ യുവത്വത്തിൽ മടങ്ങിപ്പോകുന്നു ധനസമ്പാദിക്കാനൊന്നും അവസരം കിട്ടിയില്ല അപ്പൊ ഗുരുവിന് ഗുരുദർശിന് കൊടുക്കണം ഒരു വഴിയും ഗുരുവിന് പുരാണങ്ങളിലെല്ലാം രസകരമായ പല കഥകളും ഉണ്ട് ഇതിനെ സംബന്ധിച്ച് അതിനെ യാചിച്ച് സമ്പത്ത് യാചിച്ച് ഗുരുവിന് സമർപ്പിക്കും എന്തിന് ഇനി തുടർന്നു വരുന്നവരുടെ അധ്യയന അധ്യാപനാദികാര്യങ്ങളെല്ലാം നിർവിഘ്നമായി നടക്കുന്നതിനും ഗുരുകുലത്ത നിലനിർത്തുന്നതിന് വേണ്ടി അതുകൊണ്ട് പറയുന്ന അതും ഒരു കർത്തവ്യമാണ് പുറത്തുപോയി ധനം ആഹൃത്യ ആനീ ദ വിദ്യ നിഷ്ക്രയാർത്ഥം ആ വിദ്യയുടെ പ്രതിഫലം എന്നുള്ള നിലയ്ക്ക് താൻ നേടിയ ആ വിദ്യക്കൊരു പ്രതിഫല എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യുന്നു അതിനോട് ഒരു എണ്ണമുണ്ടല്ലോ തനിക്കൊരു കടമ കടപ്പാട് ഒരു ബാധ്യതയുണ്ട് പാക എണ്ണത്തെ വീട്ടുന്നതിന് വേണ്ടി ഗുരുവിനോടുള്ള പാകരണത്തെ വീട്ടുന്നതിന് വേണ്ടി അപ്പോ അതിൽ ദോഷമില്ല യാചിക്കുന്നു അപ്പം പാപത്തിലൂടെ ധനത്തെ സമ്പാദിക്കുന്നില്ല യാചന എന്ന് പറയുമ്പോൾ അതിൽ പാപം ഇഷ്ടമുള്ളതും കൊടുത്താൽ മതി ഇഷ്ടമില്ലാത്തതും കൊടുക്കത്തില്ല ധർമ്മബുദ്ധിയുള്ള ആൾക്കാർക്ക് കൊടുക്കും അപ്പം ആരെയും പിടിച്ചു പറിക്കുന്നു കർമ്മം ചെയ്തുണ്ടാക്കുന്നില്ല കർമ്മം ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കിയാലും അതിൽ ദോഷം വരും കൂടുതൽ ധനം ദുഷ്കർമ്മം ചെയ്തുണ്ടാക്കണമെന്ന് ആഗ്രഹം വരും കർമ്മം ചെയ്ത് ധനം ഉണ്ടാക്കാൻ പോയാലും കൂടുതൽ കൊടുക്കണമെന്ന് തോന്നുന്നു അപ്പൊ കൂടുതൽ സമ്പാദിക്കണമെന്ന് തോന്നുന്നു കൂടുതൽ സമ്പാദിക്കണമെങ്കിൽ ധർമ്മം പിടിക്കണമെന്ന് തോന്നുന്നു ഇതൊന്നുമില്ല ഭിക്ഷ ഒരു ദോഷമില്ലാതിരുന്നു ആരോടും ചോദിക്കാം സന്മനസ്സുള്ളവർ കൊടുക്കും അത് ദോഷമില്ലാത്ത സമ്പാദ്യമാണ് അത് ഗുരുവിന് സമർപ്പിക്കുന്നു വിദ്യാനുഷ്ക്രയാർത്ഥം ആ വിദ്യയെ അതിനുള്ള റിണം അവിടെ അവസാനിപ്പിക്കുന്നു ആചാര്യ അനുജ്ഞാത അനുരൂപാൻ ധാരാൻ ആഹൃത്യ പ്രജാതന്തു അനുപാൻ ദാരാൻ ആഹൃ യോഗ്യയായ പത്നിയെ സ്വീകരിച്ച് പ്രജാതന്തു പരമ്പര പ്രജാസന്ധനം ഗൃഹസ്ഥ സ്വീകരിക്കണം അനുപാദ്യമാനവിപുത്രേ പുത്രാമ്യതികർമ്മ തോ യർത്തഭിപ്രായ ഭാഷ്യകാരൻ പറയുന്നു സന്തതി പരമ്പരയെ നിലനിർത്തണമെന്നാണ് പറഞ്ഞത് അനുപഥ്യമായ വി പുത്രൻ എന്തെങ്കിലും വിഘ്നം കൊണ്ട് പുത്രൻ ജനിച്ചില്ല എന്നുണ്ടെങ്കിൽ പുത്രകാമ്യാതി കർമ്മം പുത്രകാമ്യ തുടങ്ങിയ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തതുപത്തു യത്ന കർത്തവ്യ പുത്രോത്പത്തിക്ക് വേണ്ടിയുള്ള യത്നം ചെയ്യണം ഇത്യഭിപ്രായ കർമ്മം പുത്രകാമ്യാദി പുത്രകാമേഷ്ടി എന്നും മറ്റും പറയുന്നത് പുത്രോത്പത്തിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും മറ്റും ചെയ്യണം എന്ന സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ അതേ ആളാണ് ഇവിടെ പറയുന്നത് പുത്രകാമ്യേഷ്ഠി തുടങ്ങി യാഗങ്ങൾ തന്നെ ചെയ്യണം പുത്രമുണ്ടാകണം ധർമ്മം നിലനിർത്തണം അതിൽ നിന്ന് വിരക്തനാകണം അത് രണ്ടാമത് പ്രജാ പ്രജന പ്രജാതിത്രയും നിർദ്ദേശ സാമർഥ്യ നമ്മൾ പറഞ്ഞല്ലോ പ്രജ പ്രചനം പ്രജാതി എന്നുമ്പോ മന്ത്രത്തിൽ പറഞ്ഞു വിവാഹം കഴിക്കുക പുത്തന ഉണ്ടാക്കുക പുത്തണ്ണ വീണ്ടും ധർമ്മത്തിന് വിനിയോഗ നിയോഗിക്കുക അന്യഥാ പ്രജനസ്റ്റിത്യേകം യൂപക്ഷ ഇവിടെ പ്രജന അവിടെ അവസാനിപ്പിക്കുന്നില്ല പരമ്പരയിലൂടെ ഇത് പോകണം പ്രധാനമായും ഈ വിദ്യ ഈ ധർമ്മം ഈ പരമ്പരയിൽ നിലനിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് വൈദിക സംസ്കാരം നിലനിൽക്കണം വൈദിക പാരമ്പര്യം നിലനിൽക്കണം അജീവിതം ധർമ്മയുക്തമാണ് അതുകൊണ്ട് അത് ചിത്രശ ഉപകരിക്കുന്നതാണ് പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഇന്നതൊന്നും ഇല്ലാതായിത്തീർന്നു എന്നാലും അന്നത്തെ ഒരു ആശംസ ഒരു പ്രതീക്ഷയാണ് ഇങ്ങനെയല്ല നിലനിൽക്കണം സത്യാന്ത പ്രമദിതവ്യം പ്രമാദോ നർത്തവ്യ സത്യത്തിലും പ്രമാദം വരുത്തരുത് സത്യാച്ച പ്രമദനം അനുരതപ്രസംഗം സത്യത്തിൽ പ്രമാദം വരരുതെന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തമാണോ അസത്യം പറയരുത് ഇത്രയോ പ്രവർത്തിക്കരുത് പ്രമാദ ശബ്ദ സാമർഥ്യാ പ്രമാദം എന്നുള്ള ശബ്ദത്തിൽ നിന്നാർത്ഥം എടുക്കണം വിസ്മൃത്യാദി അനുരം ഓർക്കാതെ പോലും കള്ളം പറയരുത് നേരം പോക്കായിട്ട് പോലും കള്ളം പറയരുത് എന്നുള്ളത് അതുകൂടി പറയാതിരുന്നല്ല അത്രയും പൂർണ്ണത നേടിക്കഴിഞ്ഞാൽ അത്രയും ഹൃദയ സി ഉണ്ടാകും ഭഗവാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കള്ളം പറയും എന്നൊന്നും പറയരുന്ന് അതുകൊണ്ട് പറയുന്ന അബദ്ധത്തിൽ പോലും കള്ളം പറയാതിരിക്കുക സത്യം പാലിക്കുക അന്യഥാ അസത്യവദന പ്രതിഷേധ ഏവസ്യ മറിച്ച് ഇങ്ങനെ മാത്രം പറയരുത് എന്താണ് കള്ളം പറയരുത് ഇത്രയും മാത്രമാണ് ഒരു തരത്തിലും അതിൽ പ്രമാദം സംഭവിക്കരുതെന്നാണ് തഥാ ധർമ്മി ധർമ്മത്തെക്കുറിച്ച് പറയുന്ന എല്ലാം അങ്ങനെ മനസ്സിലാക്കണം ധർമ്മശബ്ദസ്യ അനുഷ്ഠയ വിഷയത്വ അനുഷ്ഠാനം പ്രമാദ സനകർത്തവ്യ ധർമ്മം എന്ന് വെച്ചാൽ അനുഷ്ഠാനം എന്താണോ കാലദേശോചിതമായി കർത്തവ്യമായി വരുന്നതിനാണ് ധർമ്മം എന്ന് പറയുന്നത് അകർത്തവ്യമല്ല അത് കാലദേശങ്ങൾക്കനുസൃതമായി അനുഷ്ഠേയ വിഷയത്വം അത് കർത്തവ്യമായിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഓരോ കാലത്തിനും ഓരോ ദേശത്തും ഓരോ അവസ്ഥയിലും ജീവന്മാർക്ക് കർത്തവ്യങ്ങളുണ്ട് അനനുഷ്ഠാനം പ്രമാദ അത് ചെയ്യാതിരിക്കാതാണ് പ്രമാദം േദം നിർദ്ദേശിച്ചു ആചാര്യന് അതിനെ ആവർത്തിച്ച് പറയുന്നു ഗുരുകുലത്തിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ നിന്റെ അനുഷ്ഠാനത്തിൽ പ്രമാദം വരുത്തരുത് കൃത്യമായി സന്ധ്യാവന്തനം പോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യണം എന്നാണ് ഇവിടെ ഗുരുകുലത്തിൽ തന്നെ പ്രമാദമാണ് ഗുരുകുലത്തിൽ നിന്ന് പോയിട്ടുള്ള കാര്യം ഇങ്ങനെ ഗുരുകുലത്തിൽ അനുഷ്ഠയമായിട്ടുള്ളത് ഗുരുകുലത്തിൽ അനുഷ്ഠേയം എന്ന് പറയുന്നത് എന്താണ് ഗുരു നിർദ്ദേശിക്കുന്ന കാര്യം പിന്നെ ചെയ്യണം രാവിലെ എണീക്കണം ലളിതാ സഹസ്രനാമം ചൊല്ലണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണം ഇത് ഗുരു നിർദ്ദേശിക്കുന്ന കാര്യം എവിടെ ആയാലും ഗുരുകുലത്തിൽ അല്ലെങ്കിൽ ആചാര്യം നിർദ്ദേശിക്കുന്ന കാര്യം അതിൽ പ്രമാദം വരുത്തരുത് എന്നാണ് അത് ചെയ്ത് തന്നെ തീരണം ഗുരുതരത്തിൽ കഴിയുന്നതിൻ്റെ പേരിലെല്ലാം അത് ചെയ്തേ തീരും അനുഷ്ഠയ വിഷയത്തോ അത് എന്താണ് അത് അനുഷ്ഠേയം കർത്തവ്യമാണ് അതിൽ പ്രമാദം വരത്തരുത് അത് എന്തിനു വേണ്ടി ചെയ്യണം അത് ചെയ്ത് എന്താ പ്രയോജനം എന്നുപോലും ചിന്തിക്കുന്നതിന് അവകാശമില്ല അതാണ് അത് അനുഷ്ഠയമാണ് എന്തുകൊണ്ട് വിധിച്ചിരിക്കുന്നത് ചെയ്യണം അപ്പോൾ ചെയ്യുന്നതിൻ്റെ പ്രയോജനം വിധിച്ച ആളിനറിയാം വേദത്തിനറിയാം അല്ലെങ്കിൽ ഗുരുവിനറിയാം അത് പ്രയോജനമുള്ളതാണ് ഒരുപക്ഷെ ചെയ്യുന്നവന് അതിൻ്റെ പ്രയോജനം എന്താണെന്ന് മനസ്സിലാകത്തില്ല അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കാൻ അവന് അവകാശമില്ല ഞാനിയാണ് എനിക്ക് അനുഷ്ഠേയമായി ഒന്നുമില്ല എന്ന് കരുതി എന്നു കരുതി ഉപേക്ഷിക്കാൻ പാടില്ല അങ്ങനെ വന്നാലും അത് പ്രമാദമാണ് എന്നുകൊണ്ടത് വിധിച്ചിരിക്കുന്നു അത് ചെയ്തേ തീരും അത് പ്രമാദം കർത്തവ്യ പ്രമാദം വരുത്തരുത് ഗുണമുണ്ടാകത്തില്ല എന്ന് പറയും അനുഷ്ഠാതമേവ ധർമ്മ ഇരിക്ക ധർമ്മം അനുഷ്ഠിച്ച് തന്നെ തീരണം അതിന് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം വിവേചനത്തിന് അവകാശമൊന്നുമില്ല ചെയ്യണമോ ചെയ്യണ്ടയോ അങ്ങനെയുള്ള ചോദ്യത്തിന് അവകാശമുണ്ട് കർശനമാണ് അതനുഷ്ഠിച്ചു തന്നെ തീർന്നു ഗുരുതലത്തിൽ ആത്മരക്ഷാർത്ഥ കർമ്മോ എന്ന പ്രമദിതവ്യം കുശലമായ കർമ്മങ്ങൾ എന്നുവെച്ചാൽ തന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ആത്മരക്ഷാർത്ഥമായ കർമ്മങ്ങൾ എന്നുവെച്ചാൽ അന്നം വേണ്ടേ വസ്ത്രം വേണ്ടേ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സമ്പാദിക്കണ്ടേ ഇതെല്ലാം വേണം എന്താണ് ഗൃഹസ്ഥനാകുന്നത് ഗ്രഹസ്ഥ ധർമ്മം പാലിക്കുന്നു ധനം വേണം സമ്പത്ത് വേണം സുരക്ഷയ്ക്ക് കർമ്മങ്ങൾ മറ്റു കർമ്മങ്ങൾ ലൗകികമായ കർമ്മങ്ങളും മറ്റും അതിലും പ്രമാദം വരത്തരുത് ധനം സമ്പാദിക്കണം എന്നും ഭിക്ഷഹിക്കാൻ പറ്റും ബ്രഹ്മചാരിയായിരുന്നുകൊണ്ടാണ് ഭിക്ഷയായിച്ചത് ഗൃഹസ്ഥനായി കഴിഞ്ഞാൽ പിന്നെ ഭിക്ഷയായിച്ച് ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ കുശല കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ധനം സമ്പാദിക്കുന്നതിനും മറ്റുള്ള കർമ്മങ്ങൾ ഈ സത്യധർമാദികളോടുകൂടി അനുഷ്ഠിക്കണം അതിനും വീഴ്ച വരുത്തത് വിഭൂതിഹി തസിൻ മംഗളയുക്താ കർമ്മൂന്നിദ്യം ബുദ്ധി ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ഐശ്വര്യത്തിനു വേണ്ടി ഐശ്വര്യമുള്ള കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് സത്കർമ്മങ്ങൾ ചെയ്യണം ഐശ്വര്യ സമ്പത്തും കീർത്തിയും ഇതെല്ലാം അതിൽപ്പെടും അതിനുവേണ്ടിയുള്ള പ്രവൃത്തി ചെയ്യണം പ്രവർത്തിക്കാതിരിക്കരുത് എന്നർത്ഥം പ്രവൃത്തിക്ക് പ്രാധാന്യമുണ്ട് അല്ലാതെ സമ്പത്തൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ മടങ്ങിപ്പോകരുത് ഗുരുകുലത്തിൽ തന്നെ കഴിഞ്ഞോളു പിന്നെ ഇതിന്റെയൊന്നും ഇത് മടങ്ങി പോകുന്നവനാണ് അവൻ ഇതൊക്കെ ഐശ്വര്യം വേണം കീർത്തി വേണം ഇഹലോകവും പരലോകവും രണ്ടും അതാണ് മംഗളയുക്ത ഭൂത്യർത്ഥമായ കർമ്മങ്ങൾ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ അതിനുവീഴ്ചയൊന്നും വരുത്തരുത് സത്കർമ്മങ്ങളെന്ന് വിശേഷിച്ച് മനസ്സിലാക്കും സ്വാധ്യായ പ്രവചനാഭ്യാനം വീണ്ടും പറയുന്നു ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ സ്വാധ്യായ പ്രവചനങ്ങൾ അത് നിലനിൽക്കണം അതിൽ പ്രമാദം വരുത്തരുത് സ്വാധ്യായു അധ്യയനം പ്രവചനം അധ്യാപനം സ്വാധ്യായം എന്ന് പറഞ്ഞ അധ്യയനമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് പ്രവചനം അധ്യാപനമാണ് അതിനും വീഴ്ച വരുത്തരുത് ദേഹി നിയമീന കർത്തവ്യ ഗൃഹസ്ഥനായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നിയമപൂർവ്വം അനുഷ്ഠിക്കണം എന്ന് സന്യാസിയോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ തഥാ ദൈവപിതൃകാര്യാഭ്യാമം ദൈവകാര്യം യജ്ഞാദികൾ പിതൃകാര്യം ശ്രാദ്ധാദി അതെല്ലാം ചെയ്യേണ്ട സമയത്ത് വിധിപ്രകാരം ചെയ്യണം ദൈവപിത്രൃ കർമ്മണീ കർത്തവ്യേ ദൈവപിത്രിയ കർമ്മങ്ങൾ ദേവന്മാർക്കും പിതൃക്കൾക്കും വേണ്ടിയുള്ള കർമ്മങ്ങൾ അതെല്ലാം ചെയ്യണം മാതൃദേവോ മാതാ ദേവോ യശ് സത്വം മാതൃദേവോഭവ ശ്യാഹ മാതൃദേവോഭവ സാധാരണ ചൊല്ലുന്നതാണ് പറയുന്നതാണ് പക്ഷെ ഇതിനൊരു ഒരു ചെറിയ പേശാസാധാരണ എല്ലാവരും വരുത്താറുണ്ട് ഈ മാതൃദേവോഭവ എഴുതുന്നിടത്തും പറയുന്നിടത്തും ആചാര്യ ദേവോപവ പ്രത്യേകിച്ചും പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അതിഥി അതിഥി ദേവോ ഭവ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എഴുതുന്നത് അതിഥി ദേവോ ഭവ എന്ന് എഴുതി ചോദിക്കും അത് തെറ്റാണ് അതുപോലെ തന്നെ മാതൃ ദേവോ ഭവ എന്ന് എഴുതി പിരിച്ചെഴുകും മാതൃ ദേവോ ഭവ പറയുമ്പോഴും അങ്ങനെയാണെന്ന് ധരിച്ചുകൊണ്ട് പറയും അതിഥി ദേവോ ഭവ നമ്മളെന്താണ് പറയുന്നത് അതിഥി ദേവനാ ദേവനാകട്ടെ അതിഥി ദേവനാകട്ടെ എന്നാണ് താല്പര്യം ശരി തന്നെയാണ് ഇവിടെ പറയുന്ന താല്പര്യം അത് തന്നെയാണ് പക്ഷെ അതിലൊരു ചെറിയ ഒരു പെസറുണ്ട് ചെറിയ പെസ വലിയ പെസനാണ് കാരണം മാതൃദേവോ ഇത് ഒറ്റ വാക്കാണ് ഒറ്റ പദമാണ് സമസ്ത പദമാണ് ഭാഷകാരം പറഞ്ഞിരിക്കുന്നത് മാതാ ദേവോ യസ്യ ബേവറി സമാസ് നമ്മൾ പിരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും മാതൃ ദേവോ ഭവ രണ്ട് പദമാവും ശബ്ദത്തിന് വ്യത്യാസം വരും വേദത്തിലാണെങ്കിലോ സ്വരത്തിന് വ്യത്യാസം വരും ബൗവറി വരുമ്പോൾ അത് സാധാരണ അന്തോദാത്തോ അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് അപ്പോൾ അസ്വരം സമാസത്തിനനുസരിച്ചാണ് അല്ലെങ്കിൽ സ്വരത്തിനനുസരിച്ചാണ് സമാസ് അപ്പൊ വേദം ചെന്നടത്ത് വ്യത്യാസം വരും അതിന്റെ താൽപ്പര്യം ഒന്ന് തന്നെയാണ് അങ്ങനൊരു സമസ്തപദമായി ഉപയോഗിക്കുമ്പോഴും ഞങ്ങൾ പറയും നീ മാതാവ് ദേവനായവൻ ആകട്ടെ എന്നാണ് ദേവോഭവ എന്നുള്ളതിനോടല്ല ക്രിയക്കുന്നു ദേവനാകട്ടെ എന്നുള്ളതല്ല മാതാവ് ദേവനാകട്ടെ എന്നല്ല നീ മാതാവ് ദേവൻ ആയവനാകട്ടെ ത്വംഭവ നീയാണ് ഭവിക്കേണ്ടത് ദേവനല്ല മാതാവ് ദേവോ ഭവ എന്നല്ല മാതാവ് ദേവനാകട്ടെ എന്നല്ല മാതാവ് ദേവനായവൻ നീ ആകട്ടെ എന്നാണ് ഇന്നലെ ക്രിയ ബുദ്ധിപുരുഷായവന ക്രിയ ശിഷ്യനോട് പറയാണ് നീ എങ്ങനെ ഭവിക്കട്ടെ അപ്പൊ അതിനെ പിരിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു മനസ്സിലാക്കാതെ മാതൃ ദേവോഭവ അതിഥി ദേവോഭവ എഴുതി വയ്ക്കുക പറയുക അത് ഭാഷാപരമായി നോക്കുമ്പോഴും പ്രത്യേകിച്ചും വേദശബ്ദമെന്നുള്ള ആളുക അതൊരു ചെറിയ തെറ്റല്ല ഒരു വലിയ തെറ്റാണ് അറിയാതെ ചെയ്യുന്നതുകൊണ്ട് വിശേഷിച്ച് അങ്ങനെ പ്രസംഗിക്കുമ്പോഴുമെല്ലാം അത് മനസ്സിലാക്കാതെ അങ്ങനെ പറയുമ്പോൾ അതൊരു തെറ്റ് തന്നെയാണല്ലോ പറയാൻ പറ്റില്ല പക്ഷെ താല്പര്യം കിട്ടും എങ്ങനെ പറഞ്ഞാൽ മാതാവ് ദേവനായവനായി തീരട്ടെ എന്ന് പറയുമ്പോൾ അത് താല്പര്യം തന്നെയാണ് നിനക്ക് മാതാവ് ദേവനാകട്ടെ എന്ന് പറയും എന്നാലും എന്താണ് അതൊരു പ്രമാദം നമ്മളറിയാതെ ഒരു കാര്യം പറയും ശരിക്കും മനസ്സിലാക്കാതെ പ്രത്യേകിച്ചും വേദത്തെ സംബന്ധിച്ച് അറിയാതെ പറഞ്ഞ് തെട്ടുവരുത്തുന്നതിനും അറിഞ്ഞു ശരി പറയുന്ന നല്ലത് അതുകൊണ്ട് മാതൃദേവോ മാതാദേവോ യെസ് എസ് ത്വം ഭവ ത്വം മാതൃദേവോ ഭവ ഒറ്റപ്രദമായിട്ട് തന്നെ അത് എഴുതിയും പറയുകയും അതുപോലെ തുടർന്ന് വരുന്ന എല്ലായിടത്തും പിതൃദേവോ ഭവ മറിച്ച് പിതൃദേവോ ഭവ അങ്ങനെയല്ല ദേവോ ഭവ ദേവശബ്ദത്തിനോടുകൂടി ക്രിയ അന്വയിക്കാൻ പാടില്ല ആചാര്യ ദേവോ ഭവ നമ്മളങ്ങനെയാ പറയുന്നത് ആചാര്യൻ ദേവനാകട്ടെ ആചാര്യദേവൻ ആചാര്യൻ ദേവനായവൻ നീ ആകട്ടെ അതുപോലെ ഇത് സാധാരണ പറയാറുള്ളതാണ് ആതിഥി ദേവോ ഭവ പല ആശ്രമങ്ങളിലും എഴുതി വെച്ചിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ടിട്ടില്ല പലയിടത്തും അതിഥി ദേവോ ഭവ രണ്ടായിട്ട് എഴുതി വരും അതിഥി ദേവൻ ആകട്ടെ രണ്ടല്ലോ ഒന്ന് തന്നെയാണ് എന്നാലതിൻ്റെ ഒരു വൈദിക മന്ത്രമല്ലേ അപ്പോൾ കഴിയുന്നതും അതിൽ അറിഞ്ഞോ അറിയാതെയോ തെറ്റു വരുത്താതിരിക്കുക എങ്ങനെയാണോ അത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയുക നമുക്ക് തെറ്റു വരുത്താൻ അതിന് കഴിയുന്നത് ശരി പ്രയോഗിക്കാനേ നമുക്ക് മാതോ എ സത്വം മാതൃദോഭവം യൂർയ സ അതിഥി ദിവോ എ സ സർവത്ര ഗൗരി ഭിന്ന പദമല്ല സമസ്തപദമാണ് പഠിക്കുന്നവരും അങ്ങനെ പ്രമാദ പ്രമാദം ഒഴിവാക്കണമെന്നാണ് പറയുന്നത് എല്ലായിടത്തും അപ്പൊ ഇതിൽ പ്രമാദം വരുത്താൻ പാടില്ല അതിന്റെ താല്പര്യമൊക്കെ നമുക്കറിയാം അമ്മ ദേവനാണ് ഇവിടെ ദേവൻ തോന്നിയാൽ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ഇന്ദ്രനോ ചന്ദ്രനോ എന്നുള്ള അർത്ഥത്തിലല്ല ആ മാതാവ് ഈശ്വരനായി തീരട്ടെ പിതാവ് ഈശ്വരനായി തീരട്ടെ ആചാര്യൻ ഈശ്വരനായി തീരട്ടെ അതിഥി ഈശ്വരനായി തീരട്ടെ എന്ന് പറയുമ്പോൾ ഈശ്വരനോട് എന്ത് മനോഭാവമാണോ ഈശ്വരൻ എന്താചരണങ്ങളാണോ എന്ത് വാക്കാണോ വാക് മനോഹായ കർമ്മങ്ങളെല്ലാം ഈശ്വരനോട് എങ്ങനെയാണോ അതായിരിക്കണം മാതാപിത ആചാര്യ അതിഥികളോട് വേണ്ടത് ആ ഭാവന ആണ് അവിടെ വേണ്ടത് എന്ന് പറയുന്നത് എല്ലാം തുല്യ സ്ഥാനമാണ് ആചാര്യനും അതിഥിക്കും എല്ലാം ഇവിടെ കാരണം ഇതിൻ്റെ മനുഷ്യത്തിൻ്റെ താല്പര്യം തന്നെ എന്താണ് ുമ്പോ ചർച്ച ചെയ്തതിനാൽ എന്താണ് സർവത്രയാണെങ്കിൽ പിന്നെ മാതാപിതാക്കളുടെ കാര്യം പ്രത്യേകിച്ച് പറയാറില്ല ഇല്ലല്ലോ ദേവതാവത് ഉപാസ്യായി ഈശ്വരനെ പോലെ ഉപാസ്യമാണ് ഇവരെല്ലാം ആരാധ്യരാണ് പൂജനീയരാണ് ബഹുമാനിക്കേണ്ടവരാണ് ഇത്യർത്ഥ ഇതാണ് ഗുരുകുലത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവനോട് ആചാര്യൻ ഉപദേശിക്കുന്നത്യെ അനിന്ദിതാനി ശ്രഷ്ടാചാരലക്ഷണി കർമാണി താൻ സേവിത അനവധ്യമായ കർമ്മങ്ങൾ അവധ്യം നിന്ദിതം അനവധ്യം അനിന്ദിതം ലോകം നിന്ദിക്കാത്തത് എന്നുവെച്ചാൽ ശിഷ്ടന്മാര് നിന്ദിക്കാത്ത നടത്തും അറിവുള്ളവർ നിന്ദിക്കാത്തത് ശിഷ്ടാചാരക്ഷണ ഞാൻ അത് പ്രത്യേകം പറഞ്ഞു ലോകമെന്ന് പറഞ്ഞാൽ ലോകം നല്ലതിനെ നിന്ദിക്കും ലോകത്തിനും നല്ലതും ജീവിക്കുകയും തിരിച്ചറിയണമെന്നില്ല അപ്പൊ ലോക ശരി പറയുന്നോ ലോകം തെറ്റുപറയുന്നോന്ന് നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ശരി കണ്ടുപിടിക്കാൻ പ്രയാസമാണ് ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം അത് ബുദ്ധിമുട്ടാണ് മനുഷ്യ ശിഷ്ടാചാരം ശിഷ്ടന്മാരുടെ ആചാരം അറിവുള്ളവർ അതിന് മാതൃകയാക്കേണ്ടവരുടെ ആചാരങ്ങൾ നോക്കുക അവർ ചെയ്യുന്ന കർമ്മങ്ങൾ നോക്കുക എന്നുവെച്ചാൽ ശിഷ്ടന്മാർ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണ് എന്താ പരോപകാരപ്രദമായ കർമ്മങ്ങൾ നിസ്വാർത്ഥമായ കർമ്മങ്ങൾ അന്യന് ഉപകരിക്കുന്ന കർമ്മങ്ങൾ അതാണ് ശിഷ്ടാചാരം എന്ന് പറയുന്നത് അങ്ങനെയല്ലാതെ സത്കർമ്മങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയില്ല സത്താണോ സത്താണോ പന്നിന് ഉപകരിക്കുന്ന കർമ്മങ്ങൾ അതാണ് ശിഷ്ടാചാരം എന്ന് പറയുന്നത് ലോക നന്മയ്ക്ക് തകന്ന കർമ്മങ്ങൾ മഹാത്മാക്കളുടെ കർമ്മങ്ങൾ താനി സീവിതവ്യാനി അത്തരം കർമ്മങ്ങൾ കർത്തവ്യാനി ത്വ അത് കാലദേശങ്ങൾക്കനുസരിച്ച് മാറിയിരിക്കും അന്നത്തെ കാലത്ത് വൈദികമായ കർമ്മങ്ങളും മറ്റുമായിരുന്നു ശിഷ്ടന്മാരെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത് സർവസ്മാർത്ഥകർമ്മങ്ങൾ സത്കർമ്മങ്ങൾ ഇന്നതെല്ലാം പോയി ഇന്ന് കാലം മാറിയത് കൊണ്ട് ശിഷ്ടാചാരവും മാറി ഇന്ന് ലോക നന്മയ്ക്ക് വേണ്ടി മഹാത്മാക്കൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ചെയ്യുക അത് ചെയ്യുമ്പോൾ സത്യധർമാദികളോടുകൂടി ചെയ്യണം അത് പ്രത്യേകം പറയുന്നു ഇന്നോ അപർത്തവ്യാനി ഇതരാണി സാവധ്യാനി ശിഷ്ടി പ്രത്യേകം പറയുന്നു സത്കർമ്മങ്ങൾ ചെയ്യുന്നു ചെയ്യേണ്ടതാണ് പക്ഷെ ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് വേദം ഉപദേശിച്ചതാണ് ഗുരു ഉപദേശിച്ചതാണ് പക്ഷെ സ്വന്തം വിവേകത്തെ അതിനുള്ള പ്രധാനമായിരുന്നു സ്വന്തം വിവേകത്തെ മുൻനിർത്തി വേണം അത് ചെയ്യാൻ വിവേക ശൂന്യമായി ചെയ്യരുത് എന്നർത്ഥം അപ്പോ ശിഷ്ട ഉപദേശത്തിന്റെ താല്പര്യം വിപരീതമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങൾ വിപരീതമായി ചെയ്യും വിപരീത ഫലം ഉണ്ടാക്കും ഗുരു നിർദ്ദേശിക്കുന്നു എന്നത് ചെയ്യുന്നു ഗുരുവിന്റെ താല്പര്യത്തെ മനസ്സിലാക്കുന്നതിനുള്ള വിവേകം ഇവന് വേണ്ടേ അല്ലെങ്കിൽ എന്തു ചെയ്യും പോത്തിനെ കൊണ്ടും പണിയെടുപ്പിക്കാം അതും പണി ചെയ്യും അത് പണി ചെയ്യുന്നതുകൊണ്ടത് അതിനെ സംബന്ധിച്ച് സത്കർമ്മമാകട്ടുണ്ട് സത്കർമ്മവും നിഷ്ടകർമ്മമുണ്ട് അതിന്റെ കഴുതയുടെ തലയിൽ ചുമട് വെച്ചാൽ അങ്ങ് കൊണ്ടു അത് വിഴുപ്പാണോ അതോ പുഷ്പമാണോ സുഗന്ധമാണോ കുങ്കുമമാണോ ഗോരോചനമാണോന്നൊന്നും അതിനറിയത്തില്ല എന്തോ അതിന്റെ തലയിൽ കയറ്റുന്ന അത് അങ്ങനെ ആയിരിക്കരുത് കർമ്മം ചെയ്യുന്നതെന്നുള്ളത് അതുകൊണ്ട് വിശേഷം പറയുന്നത് ശിഷ്ട കൃതാന്യപി ശിഷ്ടൻ നിർദ്ദേശിച്ചതായിക്കൊള്ളട്ടെ ശിഷ്ടൻ ചെയ്തതായിക്കൊള്ളട്ടെ അത് താൻ ചെയ്യുമ്പോ എന്താണോ ദോഷരഹിതമായിരിക്കണം എന്ന് പറഞ്ഞാൽ ശിഷ്ടൻ നിർദ്ദേശിക്കുന്നത് ശിഷ്ടൻ ഉപദേശിച്ചത് കൊണ്ട് മാത്രം താൻ ചെയ്താൽ അത് ദോഷരഹിതമായി സത്കർമ്മം ചെയ്യാൻ നിർദ്ദേശിച്ചു താൻ ചെയ്യുമ്പോൾ അത് സത്തായിരിക്കണമെന്നില്ല ശിഷ്ടം ചെയ്തപ്പോൾ അത് അന്യർക്ക് ഉപകാരമായി തീർന്നെങ്കിൽ താൻ ചെയ്യുമ്പോൾ അത് അന്യർക്ക് ഭദ്രമായി തീരും സാധാരണ കണ്ടുവരുന്നു അങ്ങനെയാണ് ഈ സേവ നിഷ്കാമമായ കർമ്മം എന്നൊക്കെ പറഞ്ഞു പ്രവർത്തിക്കുന്നവരാണ് വൃത്തിയിലൂടെ മറ്റുള്ളവരെ കൂടുതൽ ഉപദ്രവിക്കുന്നു മറ്റുള്ളവർക്ക് സഹിക്കാൻ വയ്യാത്ത പ്രവൃത്തി ഈ നിഷ്കാമകർമ്മങ്ങളാണ് എന്തുകൊണ്ട് അവർ പറയുന്നത് ശിഷ്ടന്റെ മഹത്വങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ പുരുഷ ചെയ്യുമ്പോൾ വിപരീത ഫലം വെളുത്തം തേച്ചത് പണ്ടായി എന്ന് പറഞ്ഞതുപോലെ വരും നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് ചിന്തിക്കാൻ കൂടി കഴിയാതെ ചെയ്യുന്നു ഗുരു നിർദ്ദേശിച്ചിരിക്കുകയാണ് അത് ചെയ്യാൻ അതുകൊണ്ട് ചെയ്യുന്നു സ്വന്തം വിവേകം ഉപയോഗിക്കാതെ ചെയ്യുന്നു അതുകൊണ്ട് വരുന്ന ശിഷ്ടകൃതാന് ശിഷ്ടം ചെയ്തതായി കൊള്ളട്ടെ നീ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ശിഷ്ടം ചെയ്തത് ആയിരിക്കണില്ല നീ ചെയ്യുമ്പോ അതായിരിക്കില്ല മറിച്ചായിരിക്കും സംഭവിക്കുന്നത് ഇതരാണ് ശിഷ്ടകൃതാന്യപി ശിഷ്ടകൃതമായങ്ങനെ ദോഷം വരും വരത്തില്ല ശിഷ്ടം ചെയ്തത് ഗുണം തന്നെയാണ് പക്ഷെ തന്നെ സംബന്ധിച്ചതെന്തായി ദോഷമുള്ളതായി മാറി ഒരു ചെയ്തപ്പോ ദോഷം വന്നില്ല ഒരു തന്നെ സേവനം ചെയ്തപ്പോ അത് ദോഷം വന്നില്ല പക്ഷെ ശിഷ്യം ചെയ്തപ്പോ അത് ദോഷമായി തീർന്നു ഉപദ്രകരമായി തീർന്നു രാഗദ്ദേശങ്ങളുണ്ടാക്കുന്നു മതമാത്സര്യങ്ങൾ ഉണ്ടാക്കുന്നു അതിൽ മഹാത്മാക്കൾ പ്രവർത്തിക്കുന്നു അവരുടെ പ്രവർത്തനം കൊണ്ട് ലോകത്തിന് ശാന്തി സമാധാനം ഒക്കെ ഉണ്ടാവുന്നു ശിഷ്യന്മാർ പ്രവർത്തിക്കുന്നു അവരുടെ പ്രവർത്തനം കൊണ്ട് അവരുടെ ഇടയിൽ തന്നെ അശാന്തി അസ്വസ്ഥത ഒക്കെ ഉണ്ടാകുന്നു സംഭവിക്കുന്നു ഗുരുവിന്റെ മാർഗമല്ലേ പിന്തുടരുന്നു ലോകത്തിനല്ല ശിഷ്യന്മാർക്ക് തന്നെ പരസ്പരം തലവേദനയാണ് പ്രവർത്തനം അപ്പം പിന്നെ ലോകത്തിൻ്റെ കാര്യം പറയാനുണ്ട് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു പറയുന്നു അങ്ങനെ ചെയ്യരുത് എന്നുവെച്ചാൽ അവിടെ വിവേകപൂർവ്വം ചെയ്യണം ഇല്ലെങ്കിൽ താൻ ചെയ്യുന്നത് ഏറെ ചിലപ്പോൾ ദോഷത്തെയായിരിക്കും ഉണ്ടാക്കുന്നത് സാവധ്യാനി ശിഷ്ടകൃതാന്യപ്പി ശിഷ്ടകൃതമായാലും അത് ദോഷമുള്ളതായി ശിഷ്ടന്മാരെ അനുകരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിൽ വിവേകം ഉപയോഗിച്ചില്ലെങ്കിൽ അത് പോലും മറ്റുള്ളവർക്ക് ദോഷമായി തീരും അങ്ങനെയാണ് നമ്മുടെ സേവനം സമൂഹത്തിന് അസഹ്യമായി തീരുന്നത് അതിലൂടെ പറയുന്നു വിവേകം വേണം അതാണ് ഇവിടെ പറയുന്നത് വേദം അനൂച് ആചാര്യോ അന്തേവാസനം അനുശാസ്തി സത്യം മദർമ്മം ചര സ്വാധ്യയാഹൃത് പ്രജാതന്തുവേദിന്ന ൂത്യ പ്രമദിം സ്വാധ്യവചനം പ്രമദി ദൃകാരം പ്രമദി മാതൃദോ പിതൃദേവോ അതിഥി യദ്യാതെ ു ചരിത ന്യാതരാ അസ്മ്രേയാംസബ്രാഹാ യാസനേന പ്രശ്വസിതയുണ്ട് േയ അശ്രദ്ധയാവിയം അഥി തേ കമ്മവിചിത്സവാചിത്സേ താണർ യുക്തുക്ത അലൂക്ഷധർമ്മ സ്യു തന്നത്തെ തന്നെ അഭ്യാത സമ്മർശി യുക്തുക്ത അനുച്ഛാമാുരഥ ആഷദ്സനം ഇവസിത േതുപാസ്യം